iphots if i'll leave you at this point. A ayudly Ö യമാ സ്വമാത്മാതുഷ ंग एक मुख प्रशोदीय पद യത്രോമ കീഭൂ പ്രമയൂഹാനന്ദഭുക്േദോ മുഖപ്രശ്ചെയ്പ േഷേ യോനി പ്രഭാപയോ ഭേദ പ്രജ്ഞം പ്രജ്ഞംസി അഗ്രാഹ്യം അലക്ഷണം അചിന്തിപദേശമേകാത്മപ്രതിസാരം പ്രപഞ്ചോപശമം ശാന്തം അന്തരീലം ചതുർത്ഥം മല്ലി മാസേ ജാഗരസ്ഥാനോ വൈശ്വാളരുക്കാര പ്രഥമ മാത്ര മക്തേരാതിമുവാൻ വാധ വൈ സർവൻ കാമാൻ ആദിശ്ചോദിയേം വേദ സ്വപ്നസ്ഥാനത്തൈജസ ഊക്കോധിതേയ മാത്രാവോത്കർഷാ ഹേ ത് ദുഃഖശ്രീ ജ്ഞാനസന്ദതിമാനശ്ചോതി നമ്മവിളേ സനത്രോമകാരൃതീയാ മാത്രമീതിരപീർമിന് ഭഗവാൻ ഇതും മാത്രവഹാര പ്രപഞ്ചോധൈവാര സമിസത്തിനേ ൂന്നുപന്നവൃത്തിശാരദം ശാന്ത നിത്യമേവത്രവൃത്തിയാവൃതരിതഭാർ ധർമ്മിന്ന അജം സാമ്യം വിശാരദം വിശുദ്ധം ആത്മത മോക്ഷവുവാസ്തി കർത്തവ്യത്തിഞ്ഞു സർവീധർമ്മ എല്ലാ ആത്മാക്കളും ആദിശാന്ത ആദിശാന്തന്മാരാണ് സുന്ദർഭൂത സൃഷ്ടുഭരത സ്വഭാവം ോഷത്തിന് രണ്ടു കാര്യങ്ങളാപ്തി പറയുന്ന മറ്റൊന്ന് ദുഃഖ നിവർത്തിശി വാസ്തവത്തിൽ അവിടെ ആനന്ദം ിക്കുന്നില്ല വാസ്തവത്തിനും ദുഃഖം നിവർത്തിക്കുന്നുമില്ല അതാണ് കൂടെ പറയുന്നത് വൃതാഹ സുഷ്ട അതന്നെ അതിന്റെ സ്വഭാവം തന്നെയാണ് സർവാത്മാക്കളുടെയും സ്വഭാവമാണ് ശാന്തി ആനന്ദം ഒരർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് ശാന്തി എന്ന് പറഞ്ഞാൽ ആനന്ദം തന്നെ ആനന്ദം അവിടെ പ്രാപിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് ആദ്യശാന്ത സ്വഭാവത ശാന്തമാണ് സ്വരൂപം തന്നെ ശാന്തമാണ് അതിനെ അതിന് ശാന്തി പ്രാപിക്കണം ആനന്ദം പ്രാപിക്കണം അതുപോലെ ദുഃഖം നിവർത്തിക്കേണ്ട കാര്യമില്ല ദുഃഖം മാറിക്കേണ്ട കാര്യമില്ല സ്വരൂപത തന്നെ ഉപരത സ്വഭാവ നിവൃത്തരൂപമാണ് അതിന് കാലമോ ദേശമോ ഒന്നും ഉപാധികളെ സൃഷ്ടിക്കുന്നില്ല കാല ദേശാതീതമായി എന്നും അതങ്ങനെയാണ് സർവേ ധർമ്മ ഇതേതെങ്കിലും ഒരു പ്രത്യേക ജീവന് വേണ്ടി പറഞ്ഞാൽ മുക്തനിങ്ങനെയാണെന്ന് പറഞ്ഞാൽ സർവേ ധർമ്മ എല്ലാ ആത്മാക്കളും എല്ലാ ആത്മാക്കളും എന്ന് പറയുമ്പോൾ പല ആത്മാക്കളുണ്ടോ പറയാൻ കാരണം ശ്രോതാക്കൾ ഇവിടെ പലതാണ് ആത്മാവെന്ന് തന്നെ പക്ഷെ ശ്രോതാക്കൾ പലതായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് സർവീയധർമ്മ സമാശ അഭിന്നാശ സമാഭിന്ന സമമാണ് ഇത് എല്ലാവർക്കും വേണ്ടി പറഞ്ഞിരിക്കുകയാണ് വേഗമാണ് തുല്യരൂപത്തിലാണ് നിത്യശാന്തന്മാരാണ് നിത്യബുദ്ധന്മാരാണ് അതുകൊണ്ട് നിത്യമുക്തന്മാരുമാണ് അതാണ് സമ എന്ന് പറയുന്നത് ഇതെല്ലാം ഒരുപോലെ ആയിരിക്കുന്നു ഇതാണ് വാസ്തവം അഭിന്ന സർവമെന്ന് പറഞ്ഞിട്ട് അഭിന്നമായിരിക്കുന്നതിനാണ് ഇവിടെ സർവമെന്ന് പറഞ്ഞിരിക്കുന്നത് ഭിന്നങ്ങളായിരിക്കുന്നതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ വേർവിരിചരിക്കുന്നതിനാൽ നമ്മൾ സർവമെന്ന് പറയും ബഹുജനം വിടെ അങ്ങനെയല്ല അഭിന്നമായിരിക്കുന്നത് കൊണ്ട് ആണിവിടെ സർവമെന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രോതാക്കൾ പലതായതുകൊണ്ട് സർവമെന്ന് പറയുന്നു തത്വത്തിൽ ഒന്നായതുകൊണ്ട് അഭിന്നമെന്നും പറയുന്നു സമാഭിന്നാണ് അജം സാമ്യം വിശാലദം അത് അജമാണ് വിശദീകരിച്ചിട്ടുള്ളതാണ് സാമ്യമാണ് ാണ് ആത്മതത്വം അത് സാമ്യം എന്ന് വെച്ചാൽ സമത്വം അത് സമത്വ സ്വരൂപമാണ് ഇനി സമത്വത്തെ പ്രാപിക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും അഭ്യാസത്തിലൂടെ പ്രാപിക്കുന്ന സമത്വം സമത്വമല്ല എന്തുകൊണ്ടത് അതിന്റെ സ്വരൂപമാണ് സാമ്യം എന്ന് പറഞ്ഞു വിശാരദം വിശുദ്ധം ആത്മതത്വം നിങ്ങൾ ശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ട കാര്യം എന്നു തന്നെ പറയുന്നു പക്ഷെ ആത്മാവിന്റെ ശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ട മനസ്സിൽ അശുദ്ധി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കും ആൾക്കുണ്ടെങ്കിൽ അത് എവിടെ ആയാലും നീങ്ങിക്കളയുന്ന നല്ലതാ പക്ഷെ ആത്മാവിന്റെ ശുദ്ധിക്ക് വേണ്ടി ആരും പ്രയത്നിക്കേണ്ട എന്തുകൊണ്ടത് വിശുദ്ധ സ്വഭാവമാണ് യസ്മാദ് തസ്മാദ് ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ട് മുഖ്യമായ രണ്ട് കാരണങ്ങളെ കൊണ്ട് എന്താണ് ആദിബുദ്ധനാണ് ആദിശാന്തനാണ് ഈ രണ്ടു കാരണങ്ങളെ കൊണ്ടും ശാന്തി മോക്ഷോവ നാസ്തി ശാന്തി അല്ലെങ്കിൽ മോക്ഷം അത് നിങ്ങൾ കർത്തവ്യ അതാരുടെയും കർത്തവ്യമല്ല അതാരും ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല അത് ഏതെങ്കിലും പരിശ്രമത്തിലൂടെ സാധ്യമാകുന്നതല്ല അതിനു വേണ്ടി ഇവിടെ ഒരു പരിശ്രമവും നിലനിൽക്കുന്നില്ല ഇത് പരവുമായ തത്വം ശാന്തിയോ മോക്ഷമോ കർത്തവ്യവുമല്ല എന്ന് പറയുമ്പോൾ അത് യാതൊരു വൈരുദ്ധ്യവും കൂടാതെ ആഗ്രഹിക്കണം ഒരു സ്ഥലത്ത് മുമോക്ഷുവായിരിക്കുന്നു മോക്ഷായിരിക്കുന്നു സാധനാ സമ്പന്നനായിരിക്കുന്നു ഇവിടെ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നവനാണോ എന്നെല്ലാം പറയും വേറൊരു ഭാഗത്ത് പറയുമ്പോൾ മോക്ഷം നിങ്ങൾ നേടേണ്ടതില്ല നിങ്ങളുടെ സ്വരൂപം തന്നെയെന്ന് പറയുമ്പോൾ ഇത് കാണരുത് ും അത് വിശദമാക്കിയിട്ടുള്ളതാണ് എന്നാലും വീണ്ടും ആശയക്കുഴപ്പം വരാം അതുകൊണ്ട് പറയുന്നു എന്താണ് അതിന് വൈരുദ്ധ്യവുമില്ല പരമാർത്ഥികമായ നിലയിൽ ആത്മസ്വരൂപം എന്നുള്ള നിലയ്ക്ക് മോക്ഷം ശാന്തി തൊന്നും മോക്ഷം കർത്തവ്യമാണ് എന്ന് കരുതിക്കൊണ്ട് സാധനങ്ങൾ ചെയ്യുന്നവനെ സംബന്ധിച്ചതൊക്കെ സാർത്ഥമാണ് പരമാർത്ഥ തത്വത്തിന്റെ നിലയിൽ അതെല്ലാം ശൂന്യമാണ് അതിനൊന്നും അർത്ഥമില്ല അതെല്ലാം ഭ്രാന്തിയാണ് ഈ രണ്ടു നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത് ഓരോ നേത നിലയിൽ നിൽക്കുന്നോ ആ നിലയിൽ നിന്നുകൊണ്ട് ഒന്നിനെ ഗ്രഹിക്കുകയും മറ്റതിനെ തികയും ചെയ്യും രണ്ടും പാരമായ നിലയിലാണ് കാര്യങ്ങളെ കാണുന്നതെങ്കിൽ ഈ പറഞ്ഞത് ശരി മോക്ഷത്തിന് വേണ്ടി കർത്തവ്യമില്ല മറ്റതിനെ ഉപേക്ഷിക്കുന്നു ആ പാരമാർത്ഥികമായ നിലയിൽ എന്നുവെച്ചാൽ ഇവിടെ ഉദ്ദേശിച്ച കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിലാണെങ്കിൽ ഇതിനെ ഉപേക്ഷിച്ചിരിക്കുക അവിടെ മോക്ഷം കർത്തവ്യമായിരിക്കുന്നു അതിനുവേണ്ടിയുള്ള സാധനങ്ങൾ അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപദേശിക്കുന്ന ആ ഉപദേശത്തിന്റെ നിലയിലേക്ക് നമുക്ക് ഉയരാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും മോക്ഷവും മോക്ഷ സാധനങ്ങളുമെല്ലാം കർത്തവ്യമായിട്ടിരിക്കും ആ നിലയിലേക്ക് ഉയരുന്നത് വരെ അങ്ങനെ ഇരിക്കേണ്ടി വരും സാധനങ്ങൾ വേണ്ടിവരും അന്നലയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും കർത്തവ്യമില്ല നിത്യേക സ്വഭാവസ്യ കൃതം കിഞ്ചി അർത്ഥവത്യ നിത്യേക സ്വഭാവമായിരിക്കുന്ന നിത്യവും വേകവുമാണ് അതിന്റെ സ്വഭാവം നിത്യമുക്തമാണ് നിത്യശാന്തമാണോ അതിന്റെ അങ്ങനെയുള്ള ഒന്നിനെ പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നതൊന്നും അർത്ഥവത്തല്ല ഫലവത്തല്ല എന്നു നിത്യവും ഏകവുമാണെന്ന് ഗ്രഹിക്കുന്നവനെ സംബന്ധിച്ച് ഇതാണ് പരമാർത്ഥം ഈ അവസ്ഥയിലാണ് ഒരുവൻ പരവുമായി എത്തിച്ചേരേണ്ടത് അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്ത് പറയുന്നു മറ്റ് ശാസ്ത്രങ്ങളിലെല്ലാം സാധനയ്ക്ക് മറ്റു തരത്തിലുള്ള സാധനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയും ഇവിടെ അങ്ങനെയല്ല ഇവിടെ പരമാർത്ഥത്തെ മാത്രമേ ബോധിപ്പിക്കുന്നുള്ളൂ ആ പരമാർത്ഥത്തിന്റെ വെളിച്ചത്തിലും മറ്റ് സാധനങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല അതുകൊണ്ട് പറയുന്നു കിഞ്ചി അർത്ഥപത് അതൊന്നും അർത്ഥവത്തല്ല ഒന്നും ഫലവത്തല്ല ആദിശാന്താഹ്യനുപന്ന പ്രകൃതി വസ്തു നിർമ്മിക്ക േ ധർമ്മ സമാശാരദം വൈ സാരദ്യം വൈ നാം സേദനിസ്മാ teh Edhaok tuam paramaarthath surtout'm parijvannnaha te eva environmentally L ajaib pripana ewa anyi itiyaha Edhaok tam paramaarthath surtout'm E parahinnah, Elar ahita hart juam arise Guruvarn имetas ഉപദേശത്തിൽ നിന്നും ഗ്രഹിച്ചവർ അവർ മാത്രമേ കൃപണന്മാർ അല്ലാതിരിക്കുന്നുള്ളൂ ദുഃഖികൾ ഈ പരമാർത്ഥ തത്വത്തെ ഗ്രഹിക്കാതെ ഈ പരമാർത്ഥ തത്വത്തെ പ്രാപിക്കുന്നതിനു ഉള്ള സാധനങ്ങൾ അനുഷ്ഠിക്കുന്നവരെല്ലാം ൃപണ ഇവ അന്യ മറ്റുള്ളവരെല്ലാം ചർച്ച ചെയ്തതാണ് അറിഞ്ഞോ അറിയാതെയോ ജീവന്മാരെല്ലാം തത്വഗ്രഹണത്തിന് വേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത് നമ്മളെപ്പോഴും അന്വേഷിക്കുന്ന എന്താണ് എന്താണ് ഇതിന്റെ പരമാർത്ഥം എന്താണ് ഇതിന്റെ വാസ്തവം എന്നാണ് ഏത് വിഷയത്തെ സംബന്ധിച്ചാലും തത്വത്തെ അറിയാനാണ് ജീവന്റെ സഹജമായിട്ടുള്ള ജിജ്ഞാസ അതുകൊണ്ട് സർവരും തത്വ ജിജ്ഞാസുക്കളാണ് അതിൽ ആത്മീയമൊന്നോ ഭൗതികമെന്നോന്നു വേറെതിരവൊന്നുമില്ല അങ്ങനെയുള്ളവരും അവരുടെ തത്വജിജ്ഞാസുക്കളായിരുന്നിട്ടും സർവരും ദുഃഖിതരുമായിരിക്കും അതും അതിനും ആത്മീയമെന്നോ ഭൗതികമെന്നോ വ്യത്യാസം രണ്ടു വഴി സഞ്ചരിക്കുന്നവരും ദുഃഖികളും അവരുടെ ഈ ദുഃഖത്തിൽ നിന്നുള്ള മോചനം സംഭവിക്കുന്നില്ല ദുഃഖത്തിന് പ്രത്യേകിച്ച് ദുഃഖം ഉണ്ടാകേണ്ട ആവശ്യമൊന്നും ഈ മനോവൃത്തികൾ തന്നെ ദുഃഖമാണ് ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ് അതിന് ദുഃഖം അതിന് ക്ലേശം ചിന്തയുടെ മനസ്സിന്റെ വ്യാപാരം തന്നെ ക്ലേശമാണ് അത് ക്ഷീണിപ്പിക്കുന്നു അതുകൊണ്ട് സർവരും ദുഃഖിതരാണ് സുഖം അനുഭവിക്കുന്നു സുഖവും വാസ്തവത്തെ ദുഃഖം എന്തുകൊണ്ട് സുഖവും ക്ലേശകരമായിട്ടാണ് അനുഭവപ്പെടുന്നത് സുഖത്തെ താങ്ങുന്നതിന് മനുഷ്യന് കൽപ്പില്ല സുഖാല്പം നീണ്ടു നിന്നാൽ തളർന്നു സുഖം തീവ്രമായാൽ മനുഷ്യൻ തളർന്നു ഇപ്പൊ സുഖവും വാസ്തവത്തിൽ ജീവനെ സംബന്ധിച്ച് ക്ലേശം സുഖവും സ്ഥായി ആയിക്കഴിഞ്ഞാൽ അത് അവസാനിക്കണമെന്ന് തോന്നുന്നു ദുഃഖത്തെപ്പോല ജീവന് ഏതിൽ നിന്നാണോ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന അതെല്ലാം ജീവനെ സംബന്ധിച്ച് ദുഃഖം തന്നെ അത് നമ്മൾ അനുഭവിക്കുന്ന സുഖമായാലും ശരി ദുഃഖമായാലും ശരി എന്നുവെച്ചാൽ ഏതൊന്നിനെ സംബന്ധിച്ചാണോ ഇത് മതിയെന്ന് തോന്നുന്നത് ദുഃഖത്തിൽ മാത്രമല്ല സുഖവും ദീർഘകാലം അനുഭവിച്ചാൽ നമുക്ക് മതി തോന്നും അൽപായസം കുടിച്ചുകൊണ്ടേയിരുന്നാൽ തോന്നും മതിയെന്ന് അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തി സ്വാതന്ത്ര്യത്തെ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ലോകത്തെ സർവരും അങ്ങനെയാണ് അതുകൊണ്ട് സുഖമായാലും ദുഃഖമായാലും ശരി ലൗകീയനായാലും ശരി ആത്മീയനായാലും ശരി സർവരും ദുഃഖത്തെ അനുഭവിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തെ ആഗ്രഹിക്കുന്നവരാണ് അത് സുഖത്തെ അനുഭവിച്ചാലും ദുഃഖത്തെ അനുഭവിച്ചാലും ആരൊഴികെ ഈ പരമാർത്ഥതത്വം പ്രതിബന്ന ഈ പരമാർത്ഥതത്തെ അറിയുന്നവനൊഴികെ മറ്റുള്ളവരെല്ലാം ദുഃഖികളാണ് അത് ആരായുന്നു എല്ലാവരും എന്ത് ചെയ്യുന്നു ഈ പരമാർത്ഥ തത്വത്തെ അറിയാതെ മോക്ഷത്തെ ആഗ്രഹിക്കുന്നവനും അവനും സുഖത്തെ ആഗ്രഹിച്ചുകൊണ്ട് ദുഃഖിക്കുന്നു ചിലപ്പോൾ അവൻ ദുഃഖത്തെ സ്വയം സ്വീകരിക്കാൻ തയ്യാറാകും വന്റെ പ്രതീക്ഷയുണ്ടെന്താണ് മോചനം ഇതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മോക്ഷം അതിനുവേണ്ടിയവൻ ദുഃഖത്തെ അംഗീകരിക്കാൻ തയ്യാറാവുന്നു അജ്ഞനങ്ങനെയല്ല മോക്ഷത്തെക്കുറിച്ച് അവന് കാഴ്ചപ്പാടൊന്നുമില്ല അവൻ സുഖത്തിന് വേണ്ടിയായാലും ശരി ദുഃഖത്തിന് വേണ്ടിയായാലും ലക്ഷ്യബോധമില്ലാതെ തന്നെ അവൻ സുഖമനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതേ വേണം ആത്മീയവാദിയും ഭൗതികവാദിയും തമ്മിലുള്ള വ്യത്യാസം ആത്മീയവാദി ലക്ഷ്യബോധത്തോടു കൂടി സുഖം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ദുഃഖത്തെ അനുഭവിക്കും കൃപണനാണ് ഭൗതികവാദി അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാതെ ദുഃഖത്തെ അനുഭവിക്കും അതുകൊണ്ട് വരെല്ലാം കൃപണന്മാരാണ് ആരൊഴികെ ഈ പരമാർത്ഥത്തെ ബോധിച്ചത് ഒരുവി എല്ലാവരും അവൻ ആദിശാന്തനും ആദിമുക്തനുമാണ് അതുകൊണ്ട് അവനെ സംബന്ധിച്ച് സുഖത്തെക്കുറിച്ചോ സ്വാതന്ത്ര്യത്തെ കുറിച്ചോ ഭ്രാന്തമായ പ്രതീക്ഷകളൊന്നും കല്പനകളിൽ അവൻ ആത്മീയനുമല്ല ഭൗതികനുമല്ല രണ്ടുപേരല്ല അവനെന്ത് ചെയ്യുന്നു പരമാർത്ഥ തത്വത്തെ ബോധിച്ചിരിക്കുന്നതുകൊണ്ട് അവൻ അകൃപണാക അവൻ മാത്രമേ ഇവിടെ ദുഃഖി തല്ലാതിരിക്കുന്നുള്ളൂ അവന് സംശയിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആധ്യാത്മിക മാർഗത്തിലാണ് നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൃപണൻ ശരിയായ വഴിയിലല്ല ഇവിടെ പറയുന്ന അനുസരിച്ച് ശരിയായ വഴിയിൽ ദുഃഖമില്ല എന്നത് കാരണം അവൻ സ്വസ്വരൂപത്തെ ബോധിച്ചിരിക്കുന്നു എങ്ങനെ ആ ദുഃഖത്തെ അവൻ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ അവന് ദുഃഖം നിലനിൽക്കുന്നില്ല അവൻ ദുഃഖരഹിതമായ അസന്തമായ സ്വസ്വരൂപത്തെ ബോധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവൻ സ്വസ്വരൂപസ്ഥിതനാണ് അവനെ സംബന്ധിച്ച് സുഖദുഃഖങ്ങൾ എന്നുള്ള ഭേദങ്ങൾ പരമാർത്ഥത്തെ നിലനിൽക്കുന്നില്ല അവൻ അസംഗനായിരിക്കുന്നത് എന്ന കാരണം അവരുടെ മുമ്പിൽ സുഖമോ ദുഃഖമോ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല മുഖ്യ അവനതിൽ ശക്തനാണോ എന്നുള്ളതാണ് അതല്ല കാരണം ആ പരമാർത്ഥ സ്വരൂപത്തെ അവൻ ബോധിച്ചിരിക്കുന്നു അവൻ ആദിബുദ്ധനും ആദിശാന്തനുമാണ് അപ്പൊ ദുഃഖത്തിൽ നിന്നും സുഖത്തിൽ നിന്നും അവനകന്നിരിക്കുന്നു അതാണ് അവന്റെ നിസ്സംഗത മറിച്ചുള്ളവരാണെങ്കിലോ യുസ്മാനു സംസാരനുഗ മറ്റുള്ള സർവ്വരും സംസാര അനുഗഹ സംസാരത്തെ അനുഗമനം ചെയ്യുന്നവരാണോ അതിനെ പിന്തുടരുന്നവരാണോ ഈ സംസാരത്തെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ എന്താണ് ചിലർ പറയും ഞങ്ങൾ ആത്മീയവാദികളാണ് ഞങ്ങൾ സന്യാസിമാരാണ് ബ്രഹ്മചാരിമാരാണ് യോഗികളാണ് സാധനങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾ ലൗകികരല്ല സംസാരത്തെ അനുഗമിക്കുന്നവരല്ല എന്ന് പറയും ഇവിടെ പറയുന്നത് എന്താണ് നിങ്ങൾ കൃപണനാണോ നിങ്ങൾ ആരായാലും ശരി ഭൗതികനോ ആത്മീയനോ ആരായിക്കല്ലെ നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ അനുഗമിക്കുന്നു ഇത്രയുണ്ട് ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരത്തെ അനുഗമിക്കുന്നു ഭേദാനുയായിനഹ ഭേദത്തെ നിങ്ങൾ പിന്തുടരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യമതാണ് ദുഃഖത്തെ അനുഭവിക്കുന്നതിന്റെ സംസാരം ഞാൻ ആത്മീയ മാർഗത്തിലാണ് എന്ന് പറയുന്നത് കൊണ്ട് വിശേഷത ഒന്നുമില്ല ലൗകികനെ സംസാരത്തെ തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് അജമായിരിക്കുന്ന ഈ ആത്മതത്വത്തിൽ ദുഃഖത്തിന് നിലനിൽക്കാനേ അവകാശം അപ്പൊ നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇല്ലാത്തതായ നിലനിൽക്കാത്തതായ ദുഃഖം ഉണ്ടെന്ന് കരുതുന്നുകൊണ്ടാണ് അവിടെയാണ് തകരാറ് സംഭവിച്ചിരിക്കുന്നത് ഇല്ലാത്തതിന് ഉണ്ടെന്ന് കരുതുന്നു അപ്പോ നിങ്ങൾ കൃപണനായിരിക്കുന്നു അപ്പൊ നമ്മൾ സാധാരണ അവൻ ലൗകികനാണ് ഞാൻ ആത്മീയനാണ് എന്ന് വേർതിരിക്കുന്ന പരമാർത്ഥത്തിലുള്ളൊരർത്ഥമുണ്ട് ഈ നിലയിൽ നോക്കുമ്പോൾ ഒരു വ്യത്യാസം സംസാരത്തെ അനുഗമിക്കുന്നവർ തന്നെയാണ് ദുഃഖത്തെ അനുഭവിക്കുന്നവര് തന്നെയാണ് അതിന് തന്റെ അസംഗതയെ ബോധിക്കുകയല്ലാതെ വേറെ വഴിയില്ല അതാണ് പറഞ്ഞു തരുന്നത് നാനാ വസ്തുവും വദനം വേഷാന്തേ പൃഥക്വാദ ദ്വൈതശീലമുള്ളവരാണ് സത്യമായ ഭേദത്തെ കാണുന്നവരാണ് ദ്വൈതികൾ എന്ന് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെന്തോ നിശ്ചിതമായ രണ്ട് വിഭാഗം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് ഒരു വ്യക്തിയുടെ ആന്തരികമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് നിങ്ങൾക്കിതെല്ലാം സത്യമായി അനുഭവപ്പെടുന്നുണ്ടോ നിങ്ങൾ ഈ ദ്വന്ദ്ങ്ങൾക്ക് കീഴ്പ്പെടുന്നുണ്ടോ എങ്കിലും നിങ്ങൾ ദ്വൈദ്യ ഇത്രയേ ഉള്ളൂ ധൈര്യം പറയുന്നത് അത് പ്രത്യേകിച്ച് ഒരു ആചാര്യനെ പിന്തുടർന്നുകൊണ്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ശാസ്ത്രം പഠിച്ചതുകൊണ്ടോ ഒന്നുമല്ല അദ്വൈതിക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒരാൾ അദ്വൈതം പഠിക്കുന്നു വേദാന്തം പറയുന്നു കേൾക്കുന്നു പ്രസംഗിക്കുന്നു അയാളും ഈ ദുഃഖത്തെ സത്യമായ ദുഃഖത്തെ കാണുകയും ആ ദുഃഖത്തെ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ദ്വൈതി തന്നെ അദ്വൈതിയൊന്നും ആകത്തില്ല കാരണം അയാളുടെ അനുഭവം ദ്വൈതാനുഭവമാണ് അയാൾ ഇതിനെല്ലാം സത്യമായി അനുഭവിക്കുന്നു ഞാൻ ദുഃഖിക്കുന്നു എന്നയാൾ ദുഃഖത്തെ സാക്ഷാത്കരിക്കുന്നു അതിൻ്റെ സംസാരം അൽ സംസാരത്തെ പിന്തുടരുന്നു ഇതിനെയാണ് ദ്വൈതി എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ അദ്വൈതം പഠിച്ചുകൊണ്ടൊരാള് അദ്വൈതിയാകത്തില്ല അദ്വൈതം പഠിക്കാത്ത മാത്രം ഒരാൾ ദ്വൈതിയാകത്തില്ല സർവരും ദ്വൈതകള് സർവരും കൃപണന്മാരുമാണ് അതുകൊണ്ട് പറയുന്നത് തസ്മാണാഹ ക്ഷുദ്രാഹ സ്മൃതാഹ എന്നാചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും അങ്ങനെ അദ്വൈതിയാകാൻ പറ്റത്തില്ല പിന്നെ അദ്വൈതിയാകുന്ന പേരിനാണ് നിങ്ങളൊരാൾ വിളിക്കും അയാൾ അദ്വൈതിയാണ് അല്ലെങ്കിൽ ഞാൻ അദ്വൈതിയാണ് അതിനർത്ഥമില്ല ക്ഷുദ്രമാണ് അല്പമാണ് എന്നുവെച്ചാൽ ദുഃഖിയാണ് അവൻ പരിച്ഛന്നനാണ് ദുഃഖിക്കുന്നു സുഖിക്കുന്നു അദ്വൈദ്യ സംബന്ധിച്ച് അത് സംഭവിക്കുന്നില്ല അയാൾ സുഖദുഃഖങ്ങളോട് താദാത്മ്യപ്പെടുന്നില്ല സ്വസ്വരൂപമായ അസംഗതയിൽ സ്ഥിതി ചെയ്യുന്നു യസ്മാത് വൈശാരദ്യം വിശുന്നാസ്തി തേഷാം അവർക്ക് വിശുദ്ധിയില്ല എന്നത് വിശുദ്ധി എന്ന് വരുമ്പോൾ ആത്മവിശുദ്ധി അതില്ല ആത്മവിശുദ്ധി എന്ന് പറയുന്ന അതിന്റെ നിർലയകത നിസ്സംഗത അസംഗത അവരതിരെ നിൽക്കുന്നത് ഭേദവിചരത അവർ ഈ ഭേദത്തിൽ സഞ്ചരിക്കുന്നു അവർ ഈ നാനാത്വത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു ദ്വൈത മാർഗേ അതാണ് ദ്വൈതമാർഗം എന്ന് പറയുന്നത് ഈ ദ്വൈതത്തെ സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുക അത് തന്നെ ദ്വൈതം അതാണല്ലോ ഇതെല്ലാം ഉള്ളതാണെന്നും കരുതി ഇതിനെയെല്ലാം അനുഭവിക്കുക സുഖമായാലും ദുഃഖമായാലും ഇതാണ് ദ്വൈതം അവിദ്യ കല്പിതെ ഇത് വിവേകി അറിയുന്നു ഇത് കൽപ്പിതമാണ് അതുകൊണ്ടവൻ അതിനോടൊന്ന് സത്യമായി താതാന്മ്യപ്പെടുന്നുണ്ട് യഥാർത്ഥമായി താതാന്യപ്പെടുന്നുണ്ടോ സ്വരൂപത്തെ വിസ്മരിച്ച് അതിൽ താതാന്മ്യപ്പെടുന്നുണ്ടോ സർവദാ വർത്തമാനാന അവിദ്യ കൽപ്പിതമാണെന്നറിഞ്ഞ് അവൻ വർദ്ധിക്കുന്നു മറിച്ച് അങ്ങനെയുണ്ടോ അതാ യുക്തമേവ തേശാം കർപ്പണ്യം നിത്യഭിപ്രായം അതുകൊണ്ട് തേഷാം പണ്ഡിതനായാലും ശരി പാമരനായാലും ശരി നേരത്തെ പറഞ്ഞു ആത്മജിജ്ഞാസായാലും ശരി കേവലം അജ്ഞാനിയായാലും ശരി എല്ലാവരും ചേർത്ത് പറയുക നിങ്ങൾ തത്വത്തെ ഗ്രഹിക്കുന്നവരായാലും തത്വത്തെ ഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട് ബുദ്ധിയുള്ളവനെന്തും കഴിക്കും സർവശാസ്ത്ര വിശാലദനാകാൻ വഴി അത് കേവലം ബുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്നു അദ്വൈതം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല ആർക്ക് സാധ്യമാവെന്നുള്ള കാര്യമാണ് അത് പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും മറ്റുള്ളതിനപേക്ഷി എളുപ്പമാണ് സാമാന്യമായിരിക്കും ബ്രഹ്മസത്യം ജഗത്മിഥ്യ ഇത്രേം അറിയാനോ ഇത്രേ പറയാനോ അപ്പൊ വളരെ ലളിതമായ തത്വചിന്തയാണ് പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല പഠിച്ച് പണ്ഡിതനായോണ്ട് പ്രയോജനമൊന്നുമില്ല ബുദ്ധിയിൽ ഒരുപാട് വിവരങ്ങൾ സംഭരിക്കുന്നത് കൊണ്ട് ഇവിടെ പറയുന്ന വിവേകയാകത്തില്ല അതെന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നു ആ പറയുന്ന വിവേകം ആന്തരികമായി സ്ഫുരിക്കുക ഉള്ളിൽ പ്രകാശിക്കുക അത് അതിനെ സംബന്ധിച്ചുള്ള ആർജിതമായ അറിവും അതിനെ സംബന്ധിച്ചുള്ള അനുഭവം രണ്ടെന്നുമുള്ള വ്യത്യാസം അത് മുഖ്യമാണ് ഇവിടെ പറയുന്നതെല്ലാം അനുഭവത്തെ മുൻനിർത്തിയാണ് അല്ല നമ്മുടെ ആർജിതമായ അറിവിനെ മുൻനിർത്തിയാണ് എത്ര ഈ അറിവ് കൂട്ടിവെച്ചാലും ശരി എത്ര ഗ്രന്ഥങ്ങളിലെ അറിവ് കൂട്ടിവെച്ചാലും ശരി അതൊഴിൽ പ്രകാശിക്കാത്തിടത്തോളം കാലം അവൻ ദുഃഖിതന്നെ അവൻ ദുഃഖത്തിൽ നിന്നും അങ്ങനെ ഒന്നുകൂടി സംഭവിക്കും അറിവാർജിക്കുന്നു അത് നല്ലത് നമ്മുടെ ബുദ്ധിയിൽ അറിവിനെ സംഭരിക്കുക എന്ന് പറയുന്നത് നമ്മൾ സി ഡിയിലോ ഡി കോപ്പി ചെയ്ത് വെക്കുന്നത് പോലെയും അതിനും കൂടുതലായി വിശേഷിച്ചൊന്നും സംഭവിക്കുന്നു അതും നമുക്ക് വീണ്ടും കേൾക്കാൻ ആവർത്തിക്കാം അതുപോലെ ബുദ്ധിയിലിരുന്നാലും വീണ്ടും അതിനെ സ്മരിക്കാം അതുകൊണ്ട് കാര്യമില്ല എന്ത് സംഭവിക്കും ഒരു സമയത്ത് ബുദ്ധി ക്ഷീണിക്കും ബുദ്ധിക്ക് ബുദ്ധി എന്ന് പറയുന്ന ശരീരത്തിന്റെ ഭാഗമാണ് സാന്തഭൗതികമാണ് അത് ശക്തമാകും ദുർബലമാകുകയും ചെയ്യും ഭൂരി കാലത്ത് ഇത് ദുർബലമാകും ബുദ്ധി ദുർബലമാകുമ്പോൾ ഈ അതിൽ ആർജിച്ചു വച്ചിരിക്കുന്ന ഈ അറിവ് അത് യാതൊരു പ്രയോജനമില്ലാത്തതായിത്തീരും അദ്വൈതമായാലും ശരി അജാതവാദമായാലും ശരി അതുകൊണ്ട് അത് രക്ഷിക്കത്തില്ല അതിന് യാതൊരു ഉപയോഗമില്ലാതെ വരും അതുകൊണ്ട് അങ്ങനെയുള്ള അറിവിനെ കുറിച്ചല്ല ഇവിടെ പറയും ഇവിടെ പറയുന്നത് സ്വയം സ്വസ്വരൂപമായി പ്രവാഹിക്കുന്ന അറിവിനെ കുറിച്ചാണ് എന്നാൽ പിന്നെ ഈ അറിവിന്റെ ആവശ്യം തോന്നുന്നു നമ്മുടെ ബുദ്ധിയിൽ സഞ്ചയിക്കുന്ന ഈ അറിവ് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അത് ഈ സ്വയം പ്രകാശിക്കുന്ന അറിവിന് മറയായിരിക്കുന്നതിനെ മാറ്റാൻ അത് അത് ഉപകരിക്കും അതാണ് അതിൻ്റെ ഉപയോഗം അമ്മറയെ മാറ്റുന്നതിന് മാത്രം അത്ര മാത്രമാണ് അതിന്റെ ഉപയോഗം വരുന്നത് ആ തരത്തിൽ അത് ഉപയോഗപ്പെട്ടില്ലെങ്കിൽ അതും നിഷ്പലം തന്നെ അത് മറ്റ് എന്തെങ്കിലും അറിവ് പോലെയുള്ളൂ അതുകൊണ്ട് ദ്വൈത മാർഗ്ഗത്തിൽ ആണ് സർവർ സഞ്ചരിക്കുന്നത് അദ്വൈതി എന്ന് പറഞ്ഞിട്ട് കാര്യം അതുകൊണ്ടെന്താണ് ദേശം കാർപ്പിണ്യം സർവരും ദുഃഖികളാണ് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഇത് സ്വാനുഭവമായി മാറുന്നത് സ്വാനുഭവമായി മാറുക എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് ഇത് ഈ മറകളെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയൊന്ന് ഉണരുക എന്ന് പറഞ്ഞാൽ എന്താണോ ഉറങ്ങുന്നവനെ അത് ബോധിപ്പിക്കാൻ പറ്റത്തില്ല ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവനെ എന്താണോ ഉണർവ് ഒന്നും ബോധിപ്പിക്കാൻ പറ്റത്തില്ല അത് ഉറക്കത്തിന്റെ തലമേയല്ല ഉറക്കത്തിന്റെ തലവുമായി അതിനൊരു ബന്ധമില്ല അവിടെ ഈ ഉറക്കത്തെ ഇല്ലാതാക്കി എങ്ങനെ ഉണർവിലേക്ക് വരും എന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ല പക്ഷെ എന്തൊക്കെയോ ചില നിമിത്തങ്ങളുണ്ട് അതവനെ ഉണർത്തുന്നു അതൊരു വാസ്തവമാണ് ഉറങ്ങുന്നവനെ സംബന്ധിച്ച് ആ നിമിത്തങ്ങളെല്ലാം അജ്ഞാതമാണ് പല ഘടകങ്ങളായിരിക്കും എന്തായാലും അവനെ ഉണരുമ്പോ അപ്പോ അവൻ്റെ ആ സംശയങ്ങളെല്ലാം തീർന്നു ശേഷിക്കുന്ന സംശയങ്ങളെന്ന് പറയുന്നത് ഈ ഉറക്കമാണ് ആ സംശയങ്ങൾ ഉണർവിലെ പരിഹരിക്കട്ടുള്ളൂ എന്ന് കരുതി വേണം ഇതിൽ വരുന്ന വൈരുദ്ധ്യങ്ങളെല്ലാം പരിഹരിക്കുന്നു ഉണർവിൽ പിന്നെ സംശയമില്ല എന്താണ് ഉണർവ് ഉണർന്നവരും ഇതുവരെ സംശയം ചോദിച്ചിട്ടില്ല എന്താണ് ഈ ഉണർവെന്ന് പ്രകാശത്തിന് കിട്ടി സ്ഥാനമില്ല അതുകൊണ്ട് ആത്യന്തികമായ ആ സംശയങ്ങളുടെ പരിഹാരം വൈരുദ്ധ്യങ്ങളുടെ പരിഹാരം എന്ന് പറയുന്നത് ആ ഉണർവെന്ന് പറയുന്നത് സഹജമായി സംഭവിക്കുന്നതുമാണ് അങ്ങനെ ആ സഹജമായ ഉണർവിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആചാര്യന്റെ ഉപദേശങ്ങളല്ല അത് ഏത് തരത്തിലാണോ അത് സഹായിക്കുന്നു എന്നുള്ളത് നേരിട്ടറിയാൻ കഴിയത്തില്ല ആ ഉണർവിൽ ഈ സംശയങ്ങൾ അവസാനിക്കുന്നു എന്ന് മാത്രമേ അവനെക്കുറിച്ച് പറയാൻ കഴിയത്തുള്ളൂ അവിടെ ഈ ദുഃഖങ്ങൾ അവസാനിക്കുന്നു മറിച്ചാണെങ്കിലോ അവൻ കൃപണനാണോ അവനേതവസ്ഥയിലായാലും ദുഃഖം അവനെ പിന്തുടരുന്നു ഇതാണ് ആത്മീയതയുടെ പരവുമായ നില എന്നാണ് ഇവിടെ പറയുന്നത് ബാദ തസ്മതാ അജേ സാമ്യേതു കെചി ഭഷനിശിതോകാജോകോ നാഹത്തെ ഇദിദം പരമാർതം ക്ഷഹ അജയ സ്വാമി പരമാനിശിത ഭീവ യോഗേ മഹാജന നിരതിഷേ ത അതാണിതിൽ മുഖ്യമായി പറയുന്നത് മഹാത്മാവിനെ അറിയുന്നല്ല മഹാത്മാവിനെ അന്യൻ അറിയുന്നില്ല തലോകോ നഗാഹി നാവതരുദിന വിഷയരോഗി അവന്റെ ബുദ്ധി അവിടെ എത്തത്തില്ല എന്നാണ് എന്തുകൊണ്ട് ഈ പരമാത്മതത്തെ അജ്ഞനറിയുന്നില്ല എന്ന് പറയുന്നതാണ് അപ്പോ ഒരു മഹാജ്ഞാനാണ് ഇവിടെ പറയുന്നു മഹാഗുരുക്കന്മാർ അവരെ ആജ്ഞന് അറിയാൻ കഴിയില്ല പക്ഷെ നമ്മളങ്ങനെ ധരിക്കും നമ്മൾ അറിഞ്ഞു ഗുരുവിനെ നമ്മൾ ഗ്രഹിച്ചിരിക്കുന്നു ഗുരുവിൻ്റെ മഹത്വം മനസ്സിലാക്കി എന്ന് നമ്മൾ ധരിക്കും പക്ഷെ അത് പിടികിട്ടുന്ന ഇവിടെ പറയും എന്താണ് ദേവാഭി ആകാശത്തിൽ പറക്കുന്ന പക്ഷി അവിടെ അതിന്റെ പാദമുദ്രകൾ അവശേഷിപ്പിക്കാറില്ല അതുകൊണ്ട് തന്നെ അതിനെ നോക്കി ആ മാർഗത്തിൽ സഞ്ചരിക്കാനും കഴിയില്ല എന്നാണ് ദേവാഭിമാർഗ്യന്തി ദേവന്മാരുകൂടി ദേവന്മാരെന്ന് പറഞ്ഞ പണിമാതി ഐശ്വര്യങ്ങളുള്ളവർ വിശേഷജ്ഞാൻ ഐശ്വര്യങ്ങളെല്ലാം ഉള്ളവർ അവർ കൂടി എന്താണ് ആ മഹാത്മാക്കളുടെ മാർഗത്തിൽ മോഹിക്കുന്നു എന്നാണ് ആ ഗുരു മാറും അതിനെക്കുറിച്ച് പറയുന്നത് ലളിതമായി പറഞ്ഞ അത് അറിഞ്ഞു പിന്തുടരുക സാധ്യമല്ല എന്നാണ് അജ്ഞനത് സാധ്യമല്ല എന്നെ സർവേരും മോഹിക്കുന്നു മോഹിച്ചിരിക്കുകയാണ് മുഹ്യന്തി എന്നാണ് അപദസ്യ പതേശ അവിടെ അടയാളങ്ങളൊന്നും അനുമാനിക്കാൻ ഹേതുക്കളൊന്നുമില്ല എന്തെങ്കിലും ഹേതുക്കളെ കൽപ്പിച്ചിട്ട് അനുമാനിച്ചാൽ അതൊരു ശരിയാകത്ത അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ പറയുകയാണ് ഞാൻ ഗുരുവിന്റെ മാർഗത്തെ പിന്തുടരുന്നു എന്നാൽ ഞാൻ ഗുരുവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെടുത്തിട്ടില്ല ഗുരുവിനെ നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ പിന്നെങ്ങനെ നിങ്ങൾ ഗുരുവിന്റെ മാർഗത്തിലാണ് ഗുരുവിനെ അറിയാത്തത് കൊണ്ട് തന്നെ എന്താണ് ഗുരുവിന്റെ മാർഗത്തിൽ ആണെന്ന് പറയുന്ന അവകാശവാദം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അത് പ്രയാസമെന്നാണ് പറയുന്നത് നമ്മുടെ മോഹിച്ചാണ് മോഹിച്ച് സഞ്ചരിക്കുകയാണ് ആകാശത്തിൽ പക്ഷിയുടെ പാദമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ പാദത്തെ പിന്തുടർന്നു പോകുന്നു ഭൂമിയിൽ ഒരാൾ സഞ്ചരിക്കുമ്പോൾ അയാളുടെ പാദത്തെ പിന്തുടരാൻ പറ്റും കാരണം ഭൂമിയിൽ അത് പതിഞ്ഞിരിക്കും ഈ പരമതത്വത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരുവൻ ഇവിടെ പാദമുദ്രകളൊന്നും അവശേഷിപ്പിക്കുന്നില്ല എന്നാലും മനുഷ്യൻ അവന്റെ അന്ധത കൊണ്ട് പറയും അന്ധത എന്ന് ശ്രദ്ധ എന്ന് പറയുന്നത് അവന്റെ ബുദ്ധിയുടെ ജാഢ്യത ആകുമ്പോൾ അതായിരിക്കും ശ്രദ്ധ എന്ന് പറയുന്നത് ഭക്തി എന്ന് മനസ്സിന്റെ മൂഢതയാകും അപ്പൊ ഇങ്ങനെയുള്ള ശ്രദ്ധ ഭക്തികളൊക്കെ ഓരോരുത്തർക്കും അറിയുന്നതാണ് ഞാൻ ഗുരുവിനെ പിന്തുടരുന്നു അല്ലാതെ ഗുരുവിനെ പിന്തുടർ താന്നൂര്യുന്ന എളുപ്പമുള്ള കാര്യമില്ലെന്നാണ് പിന്നെ അലസന്മാര് പറയും ഞാൻ ഗുരുവിനെ അത്രമാത്രം മുറുക പിടിച്ചിരിക്കുകയാണ് രണ്ടു കൈകൊണ്ടും പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ വേറെ ഒന്നിനും പിടിക്കുന്നില്ലെന്ന് പറയും അങ്ങനെ പറയും ഭക്ഷണം പോലെയുള്ള കാര്യങ്ങൾ ഒഴികെ വേറെ ഒന്നിനും പിടിക്കത്തില്ല അത്തരക്കാർക്ക് വേറെ സാധനങ്ങളൊന്നും ആവശ്യമില്ല അവരെന്താണ് പറയുന്നത് എല്ലാം ഗുരുവിന്റെ ഇച്ഛ ഗുരുവിന്റെ സങ്കല്പം കൊണ്ടെല്ലാം സംഭവിച്ചോളൂ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യങ്ങൾ ജ്ഞാനം ഭക്തി വൈരാഗ്യം ഇത്തരം കാര്യങ്ങളെല്ലാം ഗുരുവിന്റെ ഇച്ഛ കൊണ്ട് എന്നെ സംഭവിച്ചോളൂന്നോ പറയാൻ എത്ര എളുപ്പമുള്ള കാര്യമാണ് ഒരു വിവേകവും ഞാൻ ആർജിക്കേണ്ട കാര്യമില്ല കാരണം ഗുരുവിന്റെ ഇച്ഛ കൊണ്ട് എന്നെ സംഭവിച്ചോളൂ ഇങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക എന്താണോ ഇവനു വിസക്കുമ്പോ ഗുരുവിന്റെ ഇച്ഛ കൊണ്ട് എന്റെ വയറ് നിറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുമോ അതേ ഭക്ഷണശാലിപ്പോകുമോ ഗുരുവിന്റെ ഇച്ഛമുണ്ടെന്റെ വിശപ്പ് മാറട്ടെ എന്ന് പറയുന്നൂടി പറയണം എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു ഗുരുവിന്റെ ഇച്ഛമുണ്ടവന്റെ ജിജ്ഞാസ നശിക്കും അവന് ജ്ഞാനം ഉണ്ടാവും ഗുരുവിന്റെ ഇച്ഛമുണ്ടവനിൽ ഭക്തി ഉണ്ടാവും ഗുരുവിന്റെ ഇച്ഛം കൊണ്ടവന് എല്ലാം ശമതമാതിഗുണങ്ങൾ വൈരാഗ്യങ്ങളെല്ലാം ഉണ്ടാവും അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഇത് സംഭവിക്കണം അവന് ദാഹിക്കുമ്പോൾ അവൻ സങ്കല്പിക്കണം ഗുരുവിന്റെ ഇച്ഛമുണ്ട് ദാഹം മാറട്ടെ വെള്ളം കുടിക്കരുത് വിശക്കുമ്പോ പറയണം ഗുരുവിന്റെ ഇച്ഛമുണ്ട് വിശപ്പ് മാറട്ടെ അത് അങ്ങനെ സങ്കല്പിക്കണം അങ്ങനെ സങ്കല്പിച്ചില്ലെങ്കിൽ അവന് ആഹാരവും വെള്ളവും കൊടുക്കരുത് മുറിയിലിട്ട് കൂട്ടിയിടണം പുറത്തിറക്കരുത് കാരണം എല്ലാം ഇച്ഛ കൊണ്ടാണ് സങ്കല്പിക്കുന്നത് അപ്പൊ ഇതും ഇച്ഛണ്ട് നടക്കണം അത് സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം ഗുരുവിന്റെ ഇച്ഛ കൊണ്ട് തനിക്ക് സൗകര്യമുള്ള കാര്യങ്ങളെല്ലാം തന്റെ ഇച്ഛ കൊണ്ട് നടക്കുമെന്ന് പറയുന്നതിന് എന്താർത്ഥമാണ് അതൊക്കെ മൂഢതയാണ് അത് മാത്രമല്ല ഇതിനകത്ത് രഹസ്യമുണ്ട് എല്ലാം ഗുരുവിന്റെ സങ്കല്പം കൊണ്ട് നടക്കട്ടെ എന്ന് പറയുന്നവൻ വാസ്തവത്തിൽ ഗുരുവിനെ ധിഖരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പറയുന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു പറയുന്നു കാരണം അപ്പൊ അവന് ഗുരു പറയുന്ന വാക്കിനനുസരിക്കേണ്ടി വരുന്നില്ല അതാണ് അതിന്റെ സൗ അതിനുള്ള ഒരു അവനോട് പറയുന്നു നീ ഇന്ന ഇന്ന ചെയ്യണം ുള്ളവനായിരിക്കണം സമതമാധികളുള്ളവരായിരിക്കണം ഈ സാധന സമ്പന്നനായിരിക്കണം ഇങ്ങനെ ഗുരുവിന്റെ ഉപദേശങ്ങൾ ഇവനുഷ്ഠിക്കേണ്ടതുണ്ട് അപ്പൊ ഇത് അനുഷ്ഠിക്കാതിരിക്കാൻ വേണ്ടി ഇതിനെ ധിഖരിക്കാൻ വേണ്ടി ഇവൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സൂത്രമാണ് എല്ലാം ഗുരുവിന്റെ സങ്കല്പം അപ്പൊ ഇവനൊന്നും ചെയ്യണ്ട വെറുതെ ഇരുന്ന അപ്പോ ഗുരുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അതും ഗുരുവിനെ അറിയാതെ പറഞ്ഞല്ലോ ഇവിടെ പറഞ്ഞല്ലോ മുഖ്യന്തി അപദസ്യ മനീഷൻ വിവേകികൾ പോലും മോഹിക്കുന്നതാണ് ഗുരുവിന്റെ മാർഗം അപ്പോ ഗുരുവിനെ അറിയാനും കഴിയില്ലെന്ന് പറയുന്നു അപ്പൊ ആ മാർഗത്തെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിനുള്ള വഴി ഗുരുവിന്റെ വാക്കുകളെ അനുസരിക്കുക എന്നുള്ളതാണ് വേറെ ഒരു വഴിയും ഗുരുവിന്റെ വാക്കുകളെ പരമപ്രമാണമായി സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഗുരുവിന്റെ വാക്കുകളെ സ്വീകരിക്കേണ്ടി വരുമ്പം ഗുരു എന്തൊക്കെയാണോ നിർദ്ദേശിക്കുന്നത് അതിനെ ഗ്രഹിക്കണം പിന്നെ അനുഷ്ഠിക്കണം രണ്ടു കാര്യങ്ങളുണ്ട് ഗുരു പറയുന്നതിനെ ശരിയായി ഗ്രഹിക്കുക പിന്നെ അതിനനുഷ്ഠിക്കുക അപ്പോൾ ഗുരുവിന്റെ സങ്കല്പം കൊണ്ട് സർവവും നടത്തുമെന്ന് പറഞ്ഞാൽ പിന്നെ ഗുരു പറയുന്നതിനെ അനുഷ്ഠിക്കുന്ന ജോലി അവന് ലാഭിക്കും ഇതാണ് പറഞ്ഞത് എന്താണോ ബുദ്ധിയുടെ ദാഢ്യം രക്ഷപ്പെടാൻ വലിയ പ്രയാസമാണ് ഗുരുവിനെ അറിയാതെ അറിയാൻ കഴിയില്ല ഗുരുവിനെ പിന്തുടരണം അതിന് ഒരേ ഒരു വഴിയുള്ള എന്താണ് ഗുരുവിന്റെ വാക്കുകൾ ഗ്രഹിക്കുക അതിനെ അനുസരിക്കുക അനുഷ്ഠിക്കുക ഇതെല്ലാം വേറെ ആധ്യാത്മിക മാർഗത്തിൽ ഒരു വഴിയില്ല വേറൊരു വഴിയും ആൾക്കാരെ വെളിപ്പെടുത്തിയിട്ടില്ല ഇനി അങ്ങനെ ഒന്നും സംഭവിക്കാനും പോകുന്നു അതിനെ മാറ്റിവെച്ചിട്ട് എല്ലാ സങ്കല്പം കൊണ്ട് സംഭവിക്കട്ടെ ഞാൻ നിശ്ചന്ദനാണ് എന്ന് പറയുന്നവരും കാപ്പ്യമാണ് ഒരാൾക്ക് അങ്ങനെ പറയാം ഗുരു പറയുന്ന വാക്കുകൾ ആഗ്രഹിച്ച് ഗുരു പറയുന്ന കർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് ആ ഭാഗം പൂർത്തിയാക്കിക്കൊണ്ട് ബാക്കി വരുന്ന ഭാഗം ഇതിൻ്റെ ഫലം അത് ഗുരുവിന്റെ സങ്കല്പമനുസരിച്ചാകട്ടെ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാം ഗുരുവിന്റെ സങ്കല്പം ഗുരുവിന്റെ ഇച്ഛ എന്ന് പറയുന്നത് അതിൻ്റെ ഫലത്തിലായിക്കൊള്ളട്ടെ അവിടെ അതിനൊരു സ്ഥാനമുണ്ട് മറിച്ച് അനുഷ്ഠാനത്തിലല്ല അനുഷ്ഠാനത്തെ സംബന്ധിച്ച് ഗുരുവിന്റെ മാർഗത്തെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ വാക്കിനെ പ്രമാണമായി സ്വീകരിക്കുക എന്നുള്ളത് എന്നല്ല മറ്റൊന്നുമില്ല അതല്ലെങ്കിൽ ആധ്യാത്മികത എന്ന് പറയുന്നതിന് അസാധ്യമായിക്കോ എന്തുകൊണ്ട് ഇവിടെ പറയുന്നു സർവരും അവിടെ മോഹിച്ചിരിക്കുന്നു ഗുരുതത്വത്തിൽ മോഹിച്ചിരിക്കുന്നു അത് സർവർക്കും അറിയാവുന്ന കാര്യമാണ് ആരും ഗുരുവിനെ അറിയുന്നില്ല എന്നിട്ടും കേവലമായ ഒരു അവകാശവാദമാണ് എന്താണ് ഞാൻ ഗുരുവിനെ പിന്തുടരുന്നു അത് ഗുരുവിന്റെ വാക്കുകളെ അനുസരിക്കാതെ അനുഷ്ഠിക്കാതെ സാധ്യമല്ല എന്നാണ് അതുകൊണ്ട് കേവലം മോഹത്തെ മാത്രം ആശ്രയിച്ച് ഈ വലിയ വലിയ തത്വങ്ങളെ തത്ത പറയുന്നതുപോലെ പറയുന്നുകൊണ്ട് കാര്യമൊന്നുമില്ല ചർവീത ചർവണം അതിലർത്ഥമൊന്നുമില്ല അത് പ്രായോഗികമായും സ്വാനുഭവത്തിനും എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശകലനം ചെയ്ത് മനസ്സിലാകട്ടെ സ്വയം ദഹിക്കാത്ത കാര്യം പറഞ്ഞിട്ടെന്താ കാര്യം ആരെങ്കിലും ഉദ്ബോധിപ്പിച്ചിട്ട് എന്താ കാര്യം ദുരന്തങ്ങൾ എഴുതി വച്ചിരിക്കുന്ന കാര്യം പ്രബോധനം നടത്തി കൊണ്ടെന്താ പറയുന്നു അതിൻ്റെ അർത്ഥമല്ല അവൻ്റെ കൂടെ ഈ രണ്ട് കാര്യങ്ങൾ കുറിച്ചും പറയുകയാണ് കാരണം അവസാനം വഴിക്ക് സഞ്ചരിച്ചാലും അവസാനം ഗുരുവിന്റെ അടുത്ത് തന്നെ എത്തണം അതുകൊണ്ടാണ് കൂടെ അതിനെക്കുറിച്ച് പറയുന്നത് അപ്പൊ ഗുരുവിന്റെ അടുത്ത് എത്തിയാലോ പറയുന്നു ഗുരു പിടി തരുന്ന ആളല്ല അത് പിടികിട്ടാത്തതാണ് മുഖ്യന്തി ദേവന്മാർക്ക് കൂടി അത് മനസ്സിലാകുന്നതല്ല പിന്നെ മുമ്പോട്ടങ്ങനെ പോകും എന്ന് പറയുന്ന ഗുരുവിന്റെ വചനങ്ങളെ അനുസരിക്കുക അപ്പൊ ഇവിടെ ഇത് ഉപദേശിക്കുന്ന ആചാരൻ ആചാര്യൻ്റെ ഈ ഉപദേശങ്ങൾ അതിനെ അനുഷ്ഠിക്കാനും അനുസരിക്കാനുമാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് അതാണ് ഇതിന്റെ താല്പര്യം ജീവസ്തംഭം മഹാശ്ചര്യം എന്ന് പറയുന്ന കാര്യമുണ്ട് ഗുരുവിന് വ്യർത്ഥമായി സ്തുതിച്ചും യും കഴിയുന്നുണ്ട് കാര്യമൊന്നും അവരൊന്നും കഴമ്പില്ല അതൊക്കെ കുറച്ച് മനസ്സിന് സമാധാനം തരുന്നുണ്ടെങ്കിൽ നല്ലത് ഗുരുവിനെ അനുസരിക്കുക എന്നുള്ളതാണ് ഗുരുവിന്റെ വാക്കുകളെ അനുസരിക്കുക ഗുരുവിന്റെ ഇംഗിതത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് മുഖ്യം അതുകൊണ്ട് മാത്രമേ ഈ പറയുന്ന ആ കർപണൻ ആ ദുഃഖിതനാകാൻ കഴിയത്തുള്ളു അല്ലാത്തവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആ മഹാത്മ ഭീ അവൻ മഹാത്മാവല്ല ആ പണ്ഡിതൈഹി അവൻ വിവരമുള്ളവനല്ല വേദാന്ത ബഹിഷ്ടി അവൻ ശ്രുതിയുടെ താത്പര്യത്തെ അറിയുന്നില്ല അവൻ ക്ഷുദ്രനാണ് നിസ്സാരനാണ് നമ്മൾ കരുതുന്നതു വെയിറ്റ് ഒന്നും അവിടെ ഇല്ല അല്പപ്രജ്ഞ അല്പപ്രജ്ഞനാണ് അനവഗാഹ്യം അവനിത് പിടികിട്ടത്തില്ല അജയ് സ്വാമി പരമാത്മതത്വ ഏവമേവേദിയെ കേ ായവൻ അത് പൊതുവേ അന്നത്തെ കാലഘട്ടം വെച്ച് പറയാണ് മോശമെന്ന് കരുതിയിരിക്കുന്ന സ്ത്രീ ശൂദ്രാദികളായാലും ശരി അന്ന് പുരുഷന്മാരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോ സ്ത്രീയെ കുറച്ച് താഴ്ന്നിലവില് തന്നെ പരിഗണിച്ചിരുന്നു അതുകൊണ്ടാണ് സ്ത്രീശൂദാതയോ അഭി സ്ത്രീ ആദ്യ സൂത്രം അവരായാലും ശരി ഈ പതിതർ എന്ന് കരുതുന്നവരായാലും ശരി ഈ പരമാർത്ഥ തത്വത്തിൽ സുനിശ്ചിതമായി കഴിഞ്ഞാൽ സുനിശ്ചിത ഭവിഷ്യന്തി ഇതിലവർ സുനിശ്ചിതരായി കഴിഞ്ഞാൽ മഹാജ്ഞാന അവരാണ് ഇവിടെ ഗുരുക്കന്മാര് മഹാജ്ഞാന നിരുദിശയ തത്വ വിഷയജ്ഞാന അവർ മഹാജ്ഞാനികളാണ് ഗുരുക്കന്മാരാണ് ഒരു സ്ത്രീയെന്നോ ശൂദ്രനെന്നോ ഉള്ള ഭേദമില്ല അപ്പോ സ്ത്രീ ശൂദ്രന്മാരെയൊക്കെ പതിതരായി കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ പറയുമ്പോൾ ചിലർക്കറി കോവിക്ക് ആർഷഭാരതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും അതിപ്പോ ചർച്ച ചെയ്താൽ ശരിയാവത്തില്ല വിഷയം മാറും എന്നാലും ഇവിടെ ഇങ്ങനെ പറയുന്നോണ്ട് തൽക്കാലം ഉണ്ടെന്നേ എന്ന കരുതുക ഏത്രീയാദികൾ ആയാൽ കൂടി എന്നറിയാം അവരും അതാണോ സ്ത്രീ ആയാലും പതിതനായാലും ആരായാലും ജ്ഞാനിയായാൽ ഗുരുക്കന്മാര് തന്നെ എന്നാണ് കൂടെ പറയുന്നത് ചിലരുടെ മനസ്സിൽ തോന്നും ഇത് മുമ്പ് പറഞ്ഞതുപോലല്ലല്ലോ എന്ന് ചിലരുടെ സാന്ദർഭികമായി തോന്നും കാരണം സ്ത്രീയെയും ശൂദരനെയൊക്കെ അധികാരമില്ലെന്ന് പറഞ്ഞ ആളാണല്ലോ എന്റെ ഇവിടെ സ്ത്രീശൂദ്രാദികൾക്കുള്ള ജ്ഞാനം നേടിയാലെന്ന് പറഞ്ഞിരിക്കുന്നു അത് മുമ്പ് പറഞ്ഞാലും വിരുദ്ധമല്ലേന്ന് ചിലർക്ക് തോന്നിപ്പോകും ഇതൊക്കെ എത്ര പറഞ്ഞാലും തടി കയറാത്തവർ എല്ലാവർക്കും അല്ല സ്ത്രീശൂദ്രാദികൾക്ക് ജ്ഞാനം ഉണ്ടാകത്തില്ല എന്ന് ശങ്കരാചാര്യൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ ശൂദ്രാധികരണത്തിലും പറയുന്നു മറിച്ച് ഉണ്ടാകുമെന്നുള്ളതിനവിടെ വിദരന്റെയും മറ്റുദാഹരണം പറയുന്നുണ്ട് ഞാനും ആർക്കും ഉണ്ടാകാം ഞാനും ആർക്കും നിഷേധിക്കുന്നില്ല ശങ്കരാചാര്യം നിഷേധിക്കുന്നത് വേദാധികാരത്തെയാണ് വേദാധികാരത്തെ നിഷേധിക്കുന്നുണ്ട് വേദം പഠിച്ച് ഉപനിഷതമായ ജ്ഞാനം നേടാൻ ശോദ്രും അധികാരമില്ല അതാ പറയുന്നു അതാണ് അവശൂദാധിക സാരം അത് ഇവിടെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ ആനന്ദഗിരി പറയുന്നുണ്ട് എന്താണ് സ്ത്രീയാധീനം ഉപനിഷ്ഞാനാധികാര അഭാവേവി സ്ത്രീയാദികൾക്കെന്ന് വെച്ചാൽ സ്ത്രീശോദരന്മാർക്ക് ഉപനിഷത്തിലൂടെ ഉള്ള ജ്ഞാനാധികാരം ഇല്ല ഉപനിഷത്തിലൂടെ അതുപാടില്ല വേദാധികാരം ഇല്ല അവർ ഉപനിഷത്തിലൂടെ അല്ലാതെ എങ്ങനെ അതിന് പറയുന്നു ദ്വാരാന്തര പ്രയുക്തത്തത് അധികാരം ദ്വാരാന്തര ഉപായാന്തരം ഭാഗവതം കേൾക്കാം രാമായണം കേൾക്കാം മഹാഭാരതം ശ്രവിക്കാം അതന്നെ ആകാം അതിലൂടെ ആകാം തത് അധികാര സംഭവതി അങ്ങനെ അവർക്ക് ഞാൻ അധികാരമുണ്ടാകും മറ്റ് തന്ത്രമന്ത്ര യന്ത്ര യന്ത്രശാസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൂടെയൊക്കെ പരിശ്രമിക്കാം അതിലൂടെയൊക്കെ ഞാനില്ല വേദത്തിൽ തൊട്ടുകളിക്കാൻ പാടില്ല ശ്രീകേശവത്തിൽ അതാണ് വിശുദ്ദാധികളൊക്കെ പറയുന്നത് അതുകൊണ്ട് ആരാണോ ആത്മജ്ഞാനി അയാളെ ബ്രാഹ്മണൻ എന്ന് വിളിക്കാം ആത്മജ്ഞാനം നേടിയ ശൂദ്രനും സ്ത്രീയുമെല്ലാം ഗുരുക്കന്മാര് തന്നെ അതിനൊന്നും ശങ്കരാചാര്യർക്ക് എതിർപ്പില്ല പക്ഷെ വേദാധികാരമില്ലാതാണ് അതോടെ അതൊന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട് യും അതുകൊണ്ടു പറയുന്നുതി മനസ്സി അവിടെയും പറയുന്ന അവരും പരമമായ ഗതിയെ പ്രാപിക്കുന്നു മോക്ഷത്തെ പ്രാപിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് സ്ത്രീ യോഗി സുനിശ്ചിത ഭവിഷ്യന്തി മഹാജ്ഞാന മഹാജ്ഞാനികളാണ് ഗുരുക്കന്മാരാണ് നിരുദ്ധിശയ ത നിരദ്ധിശീയമായ തത്വത്തെ അവരും അറിഞ്ഞിരിക്കുന്നു ആത്മബോധത്തിൽ സ്ഥിതി ചെയ്യുന്നു അതിന് ഇങ്ങനെയുള്ള വർഗ വർണ്ണ ഭേദങ്ങളൊന്നുമില്ല ാരായണശ്രീ മഹാഗുരുക്കന്മാർ തച്ച തേം വർമ്മ വിജിതം പരമാർത്ഥ തത്വം സാമാന്യ ബുദ്ധിരണ്യോ ലോകോ നവഗാഹത്തെ നവതരതി നമുശീകരോതി അവർ അനുഭവിച്ച പരമാർത്ഥതത്തിൽ അവരെ അനുഭവിച്ച ആ പരമാർത്ഥ തത്വം എന്ന് പറയുന്നത് അവര് തന്നെയാണ് അവരുടെ സ്വരൂപത്തെന്ന ഗുരുവാകുന്ന തത്വത്തെ എന്നാണ് താല്പര്യം സാമാന്യ ബുദ്ധി അന്യഹ ഈ ശിഷ്യന്മാര് അത് ഗുരുവിന്റെ ശിഷ്യന്മാര് ഗുരുവിനെ അറിയുന്നില്ല അന്യോ ലോകോ അന്യ ലോകോ എന്നൊക്കെ പറയുമ്പോ അങ്ങനെ തിരിച്ചിലത് ആശ്രമത്തിന് പുറത്തുള്ളവര് ആശ്രമത്തിനകത്തുള്ളവരങ്ങനെ ധരിക്കരുത് ഗുരുവിന്റെ തത്വത്തെ ആരും അറിയുന്നില്ല ഗുരുവിന്റെ പിറകിൽ നടക്കുന്നവരും അറിയുന്നില്ല മുമ്പിൽ നടക്കുന്നവരും അറിയുന്നില്ല ആശ്രമത്തിന്റെ ഉള്ളിലുള്ളവരും അറിയുന്നില്ല പുറത്തുള്ളവരും അറിയുന്നില്ല എന്തുകൊണ്ട് സാമാന്യ ബുദ്ധി എല്ലാവരും സാമാന്യ ബുദ്ധികളാണ് അന്യോ ലോകോ മറ്റുള്ളവർ എല്ലാവരും ചേർത്ത് പറയുകയുള്ളൂ പ്രത്യേകിച്ച് ലോകികനെന്നോ ഭൗതികനെന്നുള്ള വ്യത്യാസത്തിൽ പറയുകയില്ല ആരും അറിയുന്നില്ല നദാഹത്തെ നവതരത്തി ന വിഷയികരീ ഇതാണ് പരമാർത്ഥം എന്നാലും ഇവൻ വ്യർത്ഥമായി പറയുന്നു എന്താണോ ഞാൻ ഗുരുവിനെ പിന്തുടരുന്നു ഗുരുവിന്റെ സങ്കല്പം അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് ഗുരുവിന്റെ ഇച്ഛയ്ക്ക് ഞാൻ വിധേയനാണ് ഗുരുവിന്റെ വാക്കുകളെ ഗ്രഹിക്കുകയും അനുഷ്ഠിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം ഇതെന്ന് ഒരാൾക്ക് പറയാൻ ഉള്ള അവകാശമുണ്ട് ഇതിനവകാശമുള്ള ഇതിങ്ങനെ പറഞ്ഞോണ്ട് അടക്കത്ത് അതങ്ങനെ പറയേണ്ട കാര്യം ഗുരുവിന്റെ സങ്കല്പമാണ് സംഭവിക്കുന്നതെങ്കിൽ അത് പറഞ്ഞ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെ എല്ലായിടത്തും അത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തം ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി അതെന്തിനാ പറയുന്നു അല്ലെങ്കിൽ ഗുരുവിനെ ദിച്ഛരിക്കാൻ വേണ്ടി എന്തിനാ അത് പറയുന്നത് ഗുരു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമില്ലാതെ വരുമ്പോൾ എന്തിനാ അത് പറയുന്നത് ഇത് ഗുരുവിന്റെ സങ്കല്പമാണ് ഗുരുവിന്റെ ഇച്ഛയാണ് അത് ആത്മവഞ്ചനയാണ് സർവഭൂതാത്മഭൂത സർവഭൂതഹിത ഗുരുവിനെ കുറിച്ച് പറയുന്നു സർവഭൂതങ്ങളും സ്വസ്വരൂപമായിരിക്കുന്നവൻ സർവഭൂതാത്മഭൂത സർവഭൂതങ്ങളും ആത്മഭൂതമായവൻ സർവത്തെയും താനായി കാണുന്നവൻ സർവഭൂതഹിതസില സർവത്തെയും തന്റേതായി കാണുന്നവൻ സർവത്തെയും താനായും കാണും സർവത്തെയും തന്റേതായും കാണും സർവഭൂതഹിതനായിരിക്കും തന്റേതായി കാണുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് മമതയാണ് ഇവ പറഞ്ഞത് അഹന്തയാണ് അതെല്ലാം ഉപരിയായി അഹന്തയും മമതയും ഒക്കെ പിടിഞ്ഞിട്ട് ആണെന്ന് പറഞ്ഞു ചിലപ്പോ അഹന്തയെന്നോ മമതയോന്നോ ഒക്കെ തോന്നിയാലോ അങ്ങനെയൊക്കെ സംഭവിക്കും ഇന്നിപ്പോ വല്യ ഭക്തനായിരിക്കുന്നവൻ അടുത്ത നിമിഷം ഭക്തനല്ലാതായിട്ടില്ല ഇന്ന് വല്യ ഭക്തനായിരിക്കുന്നവൻ എന്നാണ് വിമർശിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല എന്നാണ് ഇന്ന് വളരെ ദൃഢമായി ഗുരുവിന്റെ പാതയെ പിന്തുടരുന്നവൻ അടുത്ത ഏത് നിമിഷമാണ് തിരിഞ്ഞു നടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല മുന്നോട്ടും പിന്നോട്ടും നടക്കുന്നവരുമുണ്ട് കുറച്ച് മുമ്പോട്ട് പോവുക പിന്നെ പിന്നോട്ട് പോവുക വീണ്ടും മുമ്പോട്ട് വരിക ഇങ്ങനെയുള്ളവരുണ്ട് ഇതെല്ലാം ഗുരുഭക്തന്മാരാണ് ഇതാണ് അപ്പൊ അതൊന്നും ഉദ്ദേശിച്ചല്ല പറയും ശിഷ്യന്റെ കല്പനകളനുസരിച്ചല്ല പറയുന്നു അവനെന്തും ചെയ്യാം ഗുരുവിനെ സ്തുതിക്കാം നിന്ദിക്കാം കൂടുതൽ ശ്രുതിക്കുന്നവര് കൂടുതലും നിന്ദിക്കുകയും ചെയ്യും രണ്ട് സംഭവിക്കും അത് അനുസരിച്ചല്ല ഇവിടെ പറയുന്നു സർവഭൂതാത്മഭൂതാവെന്നും സർവഭൂതഹിതനെന്നും പറയുന്നത് എന്താണ് അഹന്തിയും അമതിയും നമ്മൾ കാണുന്നത് പോലെയുള്ള അഹന്തിയും അമതിയും വെച്ചുകൊണ്ടല്ല ആത്മബോധത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ പറഞ്ഞല്ലോ മഹാജ്ഞാനം ആ മഹാജ്ഞാനത്തിന്റെ നിലയിൽ പറയുകയാണ് അവിടെ നമ്മളെ പൂജിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ദേവന്മാരുണ്ടമ്പലങ്ങളിൽ പ്രതിഷ്ഠിച്ചു വെച്ച് പൂജിക്കുന്ന ദേവന്മാർ നമ്മളേറെ കാര്യസാധ്യത്തിന് വേണ്ടി ഈ ദേവന്മാരുകൂടി ഗുരുവിന്റെ മാർഗത്തിൽ മോഹിച്ചിരിക്കുന്നു ഗുരുവാരാണെന്ന് അവർക്കു കൂടി പിടികിട്ടുന്നില്ലെന്നാണ് ഗുരുവിന്റെ സങ്കല്പം എന്താണെന്നും ഗുരുവിന്റെ വാക്കുകളുടെ താൽപ്പര്യം എന്താണെന്നും അവർക്കുകൂടി പിടികിട്ടുന്നുണ്ടെന്നാണ് പിന്നെയാണ് ഒരു തം ഞാൻ ഗുരുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു അല്ല ഗുരുവിന്റെ സങ്കല്പം അനുസരിച്ച് പോകുന്നു എന്ന് പറയുന്നു അതിനെന്താ അർത്ഥമുള്ളത് ദേവാഭിമാർ മാർഗി മുഹിന്തി ദേവന്മാരും മോഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പറയുന്ന താല്പര്യം ഇതാണ് തത്വമെങ്കിൽ നമ്മൾ വെറുതെ അർത്ഥശൂന്യമായ അവകാശവാദങ്ങളൊന്നും കൊണ്ടു ഞാൻ വലിയ ഭക്തനാണെന്നൊന്നും ഭാവിക്കാതിരിക്കുക ഞാൻ പറയുന്നതിൻ്റെ താല്പര്യം ഞാൻ ഗുരുവിനെ പൂർണമായും പിന്തുടരുന്നവനാണ് ഞാൻ ഗുരുവിനെ പൂർണമായും സമർപ്പിച്ചവനാണ് എന്നൊന്നും ഭാവിക്കാതിരിക്കുക പദസ്യ പതേശിനായിട്ടുള്ളവർ ഗുരുവിന്റെ പദത്തെ തിരയുന്നവർ അവർ മോഹിക്കുന്നേ ഉള്ളു എന്നർത്ഥം എന്തുകൊണ്ട് ആ പദനാണ് അങ്ങനെ നിങ്ങൾക്ക് തിരയാൻ വേണ്ടി ഒന്നും അവശേഷിപ്പിച്ചിട്ടില്ല നിങ്ങൾ കാണുന്നതൊന്നും അതിന്റെ അടയാളങ്ങളല്ല എന്നർത്ഥം പറഞ്ഞല്ലോ അതിന് ദൃഷ്ടാന്തം ശകുനീനാൻ യുവാകാശി ശകുനികൾ പക്ഷികൾ ആകാശത്തുള്ളത് പറന്നുകൊണ്ടിരിക്കുന്നു എതിർ നൈവോപലബ്ധ്യത അവിടെ അതിന്റെ കാലടയാളങ്ങൾ അതിന്റെ കാലടിപ്പാടുകൾ ഒന്നും കാണുന്നില്ല പിന്നെങ്ങനെ അതിനെ പിന്തുടർന്നു പോകും അറിയാതെ എങ്ങനെ പിന്തുടരും പിന്തുടരാവുന്നേ ഉള്ളതെന്താണ് ഗുരുവിന്റെ വാക്കുകൾ അതുമാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല ബാക്കിയെല്ലാം നമ്മള് കല്പിക്കുന്ന ഓരോ ഭാവങ്ങളെ കല്പിച്ചിട്ട് അതൊക്കെയാണെന്ന് ധരിക്കുന്നത് എന്നിട്ട് അതിനനുസരിച്ച് ഗുരുവിനെ വ്യാഖ്യാനിക്കുന്ന ഗുരുവിന്റെ വാക്കുകൾ ആഗ്രഹിക്കുന്നതിന് പകരം ഗുരുവിനെ വ്യാഖ്യാനിക്കാൻ പോയാൽ അതെല്ലാം അസംബന്ധമാണ് ഇത്യാദി സ്മരണ ഇത് പൂർവാചാര്യന്മാരും പറഞ്ഞിട്ടുണ്ടെന്നാണ് താൻ മാത്രം പറയുന്നത് അതിന്റെ മഹത്വത്തെ കുറിച്ച് പറയുകയാണ് മഹാജ്ഞാന എന്ന് പറഞ്ഞ് എന്തിനാണ് എന്ന് പറയുക നമ്മൾ കരുതുന്ന പോലെ അത്ര ലാഭവുമായി കരുതേണ്ട കാര്യമില്ല അതായത് പൂർണ്ണമായും വജ്ഞനായിരുന്നു കാമക്രോധാദി സർവികാരങ്ങൾക്കും എല്ലാ വിചാരങ്ങൾക്കും അധീനനായിരുന്നു വിവേകശൂന്യനായിരുന്നു കൊണ്ട് അവനീ ഗുരുമാർഗ്ഗത്തിൽ മോഹിക്കാനേ കഴിയത്തുള്ളൂ ദേവന്മാരുകൂടി അവിടെ മോഹിച്ചിരിക്കുകയാണെങ്കിൽ എന്താണ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് എന്താണ് സാധാരണക്കാരന്റെ കഥ എന്നാണ് ജ സമ്യേതു കെചി ഭഷ്യുനിശിതോകാജാ തച്ച ലോകോ നാഹത്തെ um mm -hmm.